നാം നിങ്ങളെ ആദ്യമായി സൃഷ്ടിച്ചതുപോലെ നിങ്ങൾ ഏകരായി ഞങ്ങളുടെ അടുക്കിൽ വന്നിരിക്കുന്നു നാം നിങ്ങൾക്ക് നൽകിയ സമ്പാദ്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ പിന്നിൽ ഉപേക്ഷിച്ചിരിക്കുന്നു നിങ്ങൾ പങ്കാളികളാണെന്നവകാശപ്പെട്ട നിങ്ങളുടെ ശുപാർശകരെ നിങ്ങളുടെ കൂടെ നാം കാണുന്നില്ല നിങ്ങളുടെ ഇടയിലുള്ള ബന്ധങ്ങളെല്ലാം തെറ്റുകയും നിങ്ങൾ അവകാശപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് അകന്നുപോവുകയും ചെയ്തിരിക്കുന്നു